ശൈതീാഗുസിന് സമാരംഭ്യമാ ശ്രീ ശ്രീ രാ ഭഗവത് കാമ സൗന്ദരം യോഗ ശര ശരം ശ്രീരാചാര്യ കേസഭാഷ്യേ പുനഃ ഐശ്വര ഗുരു മതിയുഭാവ ശ്രേഷ അന്യഥോക സംസാരദുഖന്വർത്തമോക്ഷേതി അതയവെന്ന കർമ്മസവഭാവി പല ഭാഗങ്ങളിലും പറഞ്ഞതുപോലെ ഭാഷകാരനൂടെയും പറയും എന്താണെന്ന കർമ്മി അദ്വൈതാത്മദർശനം അദ്വൈതാത്മദർശനവും വേദത്തിലാണ് കർമ്മങ്ങളും വേദത്തിൽ പ്രതിപാദിക്കുന്നു പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ ഒരേ കാലം സംഭവിക്കത്തില്ല എന്ന കർമ്മ സ്വഭാവ അദ്വൈതാത്മദർശനം അതിന് ഒരു ഉദാഹരണം പറയുന്നു ഇവിടെ ശാന്ത്വിക അവസാന അവസാന ഭാഗത്ത് വരുന്നതാണ് തപ്തപരസ്യഗ്രഹണ ദൃഷ്ടാന്തം അവിടെ പറയുന്നു ഒരു കള്ളനെ പോലീസുകാർ പിടിച്ചുകെട്ടി ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടു വരുന്നു ഇവൻ കള്ളനാണോ മോഷ്ടിച്ചവനാണെന്ന് പറഞ്ഞു ന്യായാധിപൻ പറഞ്ഞു ശരി എന്നാൽ തപ്ത പരശ് മഴ പഴുപ്പിക്കുക അഗ്നിയിൽ ചൂടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് പറയുന്നു ഇവൻ ഇതി പിടിക്കട്ടെ കള്ളനാണെങ്കിൽ പൊള്ളത്തില്ല അല്ലാത്തവനാണെങ്കിൽ പൊള്ളും സത്യസന്ധനാണെങ്കിൽ കള്ളനാണെങ്കിൽ പൊള്ളും സത്യസന്ധനാണെങ്കിൽ പൊള്ളത്തില്ല എന്ന് പറഞ്ഞു ചുട്ടു പഴുത്ത മഴവിൽ കൈവച്ചു കഴിഞ്ഞാൽ ആർക്കായാലും കൊള്ളേണ്ടതാണ് പക്ഷെ ന്യായാധിപൻ പറയുന്നു അവൻ സത്യസന്ധനാണെങ്കിൽ പൊള്ളത്തല്ല പിടിക്കാൻ ധൈര്യമായിട്ട് കള്ളനാണെങ്കിൽ പിടിച്ചാൽ പൊള്ളു അവൻ എന്ത് ചെയ്തു അവൻ സ്വയം പറഞ്ഞവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞ സത്യസന്ധനാണ് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൈപ്പൊള്ളി നയാന്ധിപൻ അവനെ ശിക്ഷിച്ചു ഇത് അതിന്റെ വാശ്ചാർത്ഥത്തെ എടുക്കരുത് വാശ്ചാർത്ഥത്തെ എടുത്തുകഴിഞ്ഞാ അത് യുക്തിക്കുന്നിരക്കത്തില്ല കാരണം ചുട്ടുപഴുത്ത മഴ കൊണ്ടുവച്ചിട്ട് ന്യായാധിപൻ പറയുകയാണ് കള്ളന്റെ അടുത്ത് ഇനി കള്ളനാണെങ്കിൽ തൊട്ടാൽ കൊള്ളത്തില്ലും സത്യസന്ധനാണെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു ഇതങ്ങോട്ട് ബുദ്ധിക്ക് നിരക്കുന്നതല്ല കാരണം വന്ന കള്ളൻ ബുദ്ധിമുള്ളവനാണെങ്കിൽ നമ്മളെ കായംകുളം കൊച്ചെണ്ണിപ്പോലെയൊക്കെ ഉള്ളവനാണെങ്കിൽ ന്യായാധിപനോട് പറയും എന്നാ സാറൊന്ന് പിടിക്കും നോക്കട്ടെ സാറെന്തായാലും കള്ളൻ ചെയ്തില്ലല്ലോ സാറ് പിടിച്ച് പൊള്ളാതിരിക്കുകയാണെങ്കിൽ ഞാനും പിടിക്കാം കാരണം സത്യസന്ധനാണെങ്കിൽ പൊള്ളത്തില്ലെന്നെൻ്റെ മജിസ്ട്രേറ്റ് പിടിക്കും പിടിക്കത്തില്ല സ്വാഭാവികമായിട്ടും അത് പറയും പിടിച്ചു കഴിഞ്ഞാൽ ആര് പിടിച്ചാലും പൊള്ളും ചുട്ടുമഴുത്ത ഇരുമ്പി പിടിച്ചാൽ പൊള്ളും അതിന്റെ ഒരു വാചാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കും കാരണം ന്യായാധിപൻ എന്തായാലും മോഷ്ടിച്ചിട്ടില്ലല്ലോ അവർ പിടിച്ചാൽ കൊള്ളാതിരിക്കണം തെളിയിക്കണം ആദ്യം ഇതാ ഞാൻ സത്യസന്ധനാണ് ഞാൻ പിടിച്ചിട്ട് കൊള്ളുന്നില്ല ഇനി നീ പിടിക്കൊള്ളു എന്നറിയട്ടെ എന്ന് പറയണം അത് പറയാൻ ഒരു ന്യായാധിപനും പറ്റത്തില്ല എന്തുകൊണ്ട് ന്യായാധിപനും കള്ളനാണ് വിധിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ം ചെയ്യാത്തവർ കാണുന്നു അല്ല അങ്ങനെ ഒരാൾ പൂർണമായ സത്യവ്രതം പരിപാലിച്ച് ഒരു വ്രതം പരിപാലിക്കുന്നതുകൊണ്ട് വിശേഷമായ എന്തെങ്കിലും ഒരു ആധ്യാത്മിക ശക്തി സദ്യ വിശേഷുണ്ടായി അങ്ങനെയുള്ള ഒരാൾ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധാരണ കള്ളം ചെയ്യാത്തവരാരും ഇല്ലല്ലോ ഇല്ലെങ്കിൽ വളരെ കഠിനമായ തപസ് ചെയ്ത് അവരുടെ പാപങ്ങളെയൊക്കെ നശിപ്പിച്ച് അത്രയും വലിയ പുണ്യമുള്ള ഒരാളൊരു പക്ഷേ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പുള്ളാതിരിക്കും സിദ്ധന്മാര് യോഗികൾ അവർക്കൊക്കെ പറ്റും സാധാരണ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ പുള്ളു അപ്പോൾ അതിൻ്റെ സൂചിപ്പിക്കുന്നതാണ് അല്ല കള്ളം ചെയ്യാത്തവൻ പിടിച്ചാൽ കൊള്ളത്തില്ല എന്ന് പറയാനെങ്കിൽ അത് തെളിയിക്കണം ആരെങ്കിലും ഒരാൾ ചുട്ടുപഴത്ത് ഇരുമ്പി പിടിച്ചിട്ട് പറയുക ഞാൻ പിടിച്ചിട്ട് പൊള്ളുന്നില്ല അതാർക്കും തെളിയിക്കാൻ സാധ്യമല്ല അപ്പോ അതിന്റെ താല്പര്യം എന്താണ് അത്രയും ഇവിടെ സത്യ അഭിസന്ധസ് അത്രയും സത്യനിഷ്ഠനായ ഒരാൾ അയാളെ അസത്യം ബാധിക്കുന്നില്ല അതാണ് എന്റെ താല്പര്യം അല്ല എന്റെ വാശ്യാർത്ഥം കൊടുക്കരുത് അദ്വൈത ആത്മസത്യ അഭിസന്ധസ്യവിടെ പറയും അദ്വൈത ആത്മസത്യം അതിൽ ദൃഢതയുള്ളവനെ സംബന്ധിച്ച് ഈ അനുദൊന്നും അയാളെ ബാധിക്കുന്നില്ല അത് മാത്രം നമ്മൾ എടുത്താൽ അതാണ് തപ്ത പരിശ്രഹണദിഷ്ടമാണ് അല്ലാതെ ഒരാൾ ഒരു കള്ളം ചെയ്തിട്ടില്ലെങ്കിലും മറ്റു കള്ളം ചെയ്തിരിക്കും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചു നോക്കുക കൈ പൊള്ളുമോ ഇല്ലയെന്ന് മനസ്സിലാവും ഇനി ആരെങ്കിലും അങ്ങനെ തൊട്ടിട്ട് പൊള്ളാതിരിക്കുകയാണെങ്കിൽ അല്ല അത്രയും സത്യനിഷ്ഠനായിരിക്കും മനസ്സാ വാച കർമ്മണം സത്യവ്രതനായിരിക്കും സത്യത്തെ തപസ്സായി സ്വീകരിച്ചവനായിരിക്കും സാധാരണ മനുഷ്യന് സാധ്യമല്ല അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ആത്മനിഷ്ഠൻ ആനന്ദം ബാധിക്കുന്നില്ല പ്രപഞ്ചവനെ ബാധിക്കുന്നില്ല പിന്നീട് അടുത്ത് പറയും എന്താണ് ആത്മനിഷ്ഠയെ അദ്വൈതാത്മജ്ഞാനത്തെ ബാധിക്കുന്നതിനൊരു ജ്ഞാനവും ഇല്ല ഒന്നും തന്നെ ഇല്ല അതിനു വേണ്ടിയിട്ടായിരുന്നു പറയും ഇവിടെ സംശയം വരും ഈ ആത്മവിജ്ഞാനം എന്ന് പറയുന്നു ആത്മവിജ്ഞാനം വന്നതിന് ശേഷവും ആ ജ്ഞാനം ഇല്ലാതായിക്കൂടെ കാരണം നമ്മൾ സംഘത്തിൽ നിന്നും മറ്റും നമ്മളും ജ്ഞാനത്തെ ആർജിക്കുന്നു പക്ഷേ അത് നഷ്ടപ്പെടുന്നു അതുപോലെ സംഭവിച്ചുകൂടെ പറയില്ല അതിനെ ബാധിക്കുന്നതിന് വേറൊരു ജ്ഞാനമില്ല നമ്മളെ ജ്ഞാനെന്തുകൊണ്ട് ബാധിച്ചു പോകുന്നു കാരണം നമ്മളെ ജ്ഞാനം അജ്ഞാന സംശയ വികര്യങ്ങളോട് കൂടിയതാണ് നിശ്ചിതമായ ജ്ഞാനമല്ല നിശ്ചിതമായ ജ്ഞാനത്തെ ബാധിക്കത്തില്ല അതാണ് സാധാരണ ജീവൻ എന്താണ് ദ്വൈതവിഷയ അനധ അഭിസന്ധൻ ദ്വൈത വിഷയമായിരിക്കുന്ന അനദങ്ങൾ അതുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ് ഈ ബന്ധനത്തെ മാറ്റാൻ മറ്റൊന്നിനും സാധ്യ കഴിവില്ല കർമ്മത്തിന് കഴിവില്ല ഉപാസനങ്ങൾക്ക് കഴിയില്ല ജപമോ തപമോ ഒന്നിനു ശേഷിയില്ല ഇതെല്ലാം കഴിപ്പെടും ഒന്നൊഴികെന്താണ് അദ്വൈതാത്മ സത്യാഭിസന്ധ ആത്മബോധമല്ല മറ്റൊന്ന് ആത്യന്തികമായി ഈ അനുദബന്ധനത്തെ നശിപ്പിക്കാൻ കഴിയില്ല അതാണ് അനുദാഭിസന്ധ്യ ബന്ധനം തസ്കരസീവ തത്ത പരസ്യഗ്രഹണേ ബന്ധദാഹാഭാവ തപ്തപരസുവിനുഗ്രഹിക്കുമ്പോ സത്യനിഷ്ഠനാണെങ്കിൽ ാഹം ബാധിക്കുന്നില്ല ഒരു തപസ്സിയാണ് കൊണ്ടുവരുന്നു കള്ളനാണെന്ന് സംശയിച്ച് അങ്ങനെ വരാം തപസ്സികളെയും കള്ളനാണെന്ന് സംശയിക്കാം അങ്ങനെ ബന്ധിക്കാം സംസാര ദുഃഖം പ്രാപ്തിച്ച എന്താണ് ദ്വൈതവിഷയം അനത അഭിസന്ധന സംസാര ദുഃഖങ്ങൾ പ്രാപിക്കുന്നു ഇത് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ട് അദ്വൈതാത്മ സത്യ അദ്വൈതാത്മ സത്യത്തിൽ നിഷ്ഠയുള്ളവൻ ആത്മജ്ഞാൻ കളൻ സത്യസന്ധനെ പോലെ തപ്തപരശുഗ്രഹണെ ബന്ധദാഹാഭാവ തപ്തപരശുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ദാഹം വരുന്നില്ല ജ്ഞാനിക്ക് ബന്ധവും വരുന്നില്ല ബന്ധം ജ്ഞാനിയോടും അജ്ഞനോടും ദാഹം കളനോടും സത്യസന്ധനോടും ബന്ധിപ്പിക്കുന്നു കളനെ സംബന്ധിച്ച് ദാഹമുണ്ട് സത്യനിഷ്ഠനെ സംബന്ധിച്ച് ദാഹമില്ല അച്ഛനെ സംബന്ധിച്ച് ബന്ധമുണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് ബന്ധമില്ല സംസാര ദുഃഖം പുരുത്തർ ആത്മനിഷ്ഠന് ആത്മജ്ഞന്ർവബന്ധ നിവൃത്തി സംസാരത്തിയുന്നത് ഒരു വഴിയേ ഉള്ളൂ അപ്പ തപ്തപരസ്യഗ്രഹണം അതുകൊണ്ട് കൊള്ളാതിരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളു എന്താണോ ആത്യന്തികമായ സത്യനിഷ്ഠ സത്യ തപസ്സിന്റെ ശക്തി കൊണ്ട് അവന് ഇത് കഴിയാം അതൊരു സിദ്ധിവിശേഷം പോലെ അത് സംഭവിക്കുക അതാണ് എന്റെ താല്പര്യം സാറിനാൾക്കാർ വായിച്ചിട്ട് പറയും എന്താണ് കള്ളം ചെയ്യാത്തവനാണെങ്കിൽ തീയിൽ തൊട്ടാ കൊള്ളത്തില്ല ശരിയല്ല പണം ചെയ്യാതിരുന്നാലും ചെയ്താലും പൊള്ളൂ സംശയം ഉണ്ടെങ്കിൽ പരീക്ഷ നോക്ക അടുത്തെവിടെങ്കിലും ഒരു മോഷണം നടത്തുമ്പോ ഞാനല്ല മോഷണം ചെയ്തതെന്നുള്ള സങ്കല്പത്തെ തീയിൽ തൊട്ട് നോക്കുക പൊള്ളൂ അല്ലേന്നറിയാം അതല്ല ഉദ്ദേശിക്കും ആത്മനിഷ്ഠനെ അനുദം ബാധിക്കുന്നില്ല ആത്മനിഷ്ഠനല്ലാത്തവനോ കർമ്മിയോപാസകൻ ആത്മനിഷ്ഠയില്ല അവിടെ അത് സാധ്യമല്ല അനദം ബാധിക്കും എന്തുകൊണ്ട് എന്നാ കർമ്മ സ്വഭാവി അദ്വൈതാത്മദർശനം അദ്വൈതാത്മദർശനം കർമ്മത്തോട് ഒരുമിച്ച് പോകുന്നത് കർമ്മം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത് വൈദികമാണ് വേദത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് പലതവണ പറഞ്ഞതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സേകമേവം ആത്മീവേദം വാക്യജനിതീ ക എല്ലാം കർമ്മവുമായിട്ട് വൈദ്യ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടു ഈ ഭേദങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ജനിതസ്യണ്ടായ ജ്ഞാനം എന്താണ് ജ്ഞാനം സത്യേകമേവാധ്യതയും ആത്മീയവേദം സർവം ഇത്യവമാതി വാക്യജനിതം ഞാൻ സ്തിയിൽ നിന്നുണ്ടായ ജ്ഞാനം സത്യേകമേവാധ്യതയും ആത്മീയവേദം സർവം ഈ തരം വാക്യങ്ങളിൽ നിന്നുണ്ടായി ഞാൻ അതെന്ത് ചെയ്യുന്നു ക്രിയാകാരക ഫലഭേദങ്ങളെല്ലാം നശിപ്പിക്കുന്നു അങ്ങനെ ആ ജ്ഞാനത്തിന് ബാധകപ്രതി അനുപത്തെഹി അതിനും ഒരു ബാധകപ്രതി അതിനെ ബാധിക്കുന്ന ഒരു ജ്ഞാനമില്ല അതുകൊണ്ട് അതിനെ പറയുന്നു അത് ചരമജ്ഞാനമാണ് ഇനിയൊരു ജ്ഞാനം വരാനില്ല എന്തുകൊണ്ടാണ് ബാധപ്രത്യം ഉണ്ടാവാത്തത് മറ്റ് സർവജ്ഞാനത്തെയും ബാധിച്ചിട്ടാണ് അതുണ്ടാകുന്നത് അതുകൊണ്ട് ബാധപ്രത്യുണ്ടാകുന്നുണ്ട് സതേകമേ ബാധ്യതയും ആത്മേ വേദം സർവെന്നു പറയുന്ന വാക്യം നമ്മൾ ശ്രവിക്കുന്നുണ്ട് ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ അജ്ഞാന സംശയവിപര്യങ്ങളോട് കൂടിയത് കൊണ്ട് ഇതിന് മറ്റന്ന ജ്ഞാനത്തെ ബാധിക്കുന്നതിന് ശേഷിയില്ല ഇവിടെ പറയുന്ന അങ്ങനെയല്ല നിശ്ചിതമായ ജ്ഞാനം അതിനെ തന്നെ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നു ആ ജ്ഞാനം മറ്റു ജ്ഞാനത്തെ എല്ലാം ബാധിക്കുന്നു ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ബാധിക്കാൻ വേറൊരു ജ്ഞാനമില്ല അതുകൊണ്ട് അത് ബാധിക്കുന്നില്ല അതാണ് ഒരാൾക്ക് ബോധ്യം വന്നു ഇത് മരുമരീചിക്കുകയാണ് ജലമല്ല ഇന്ന് നിശ്ചയം വന്നു അല്ലെങ്കിൽ ഒരാൾക്ക് അത് കണ്ടിട്ട് വന്നു ഇത് പ്രതിബിംബമാണ് ബിംബമല്ല ഒരു ബാലന് ശിശുവിന് ജലത്തിന്റെ സൂര്യ പ്രതിബിംബം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇത് പ്രതിബിംബമാണ് പക്ഷെ വിവേകിയായ ഒരുവൻ ആ അതേ പ്രതിബിംബത്തെ കണ്ടിട്ട് നിശ്ചയിക്കുന്നു ഇത് കേവലം പ്രതിബിംബമാണ് സൂര്യന് മുകളിലാണ് ആകാശത്തിലാണ് പക്ഷെ ബാലൻ അങ്ങനെയല്ല ബാലന് ജ്ഞാനമുണ്ടായി ഇത് സൂര്യനാണ് പ്രതിബിംബത്ത് ആ ജ്ഞാനത്തെ ബാധിക്കുന്നതിനുള്ള ദൃഢപ്രത്യം ഇല്ല അവവേകിക്ക് എങ്ങനെയല്ല പ്രതിബിംബത്തെ കണ്ടും പെട്ടെന്ന് തന്നെ അവന് വിവേകമുണ്ടായി ഇത് കേവലം പ്രതിബിംബമാണ് യഥാർത്ഥ സൂര്യനുണ്ട് വിവേകിക്ക് പിന്നെ എങ്ങനെയാ ബോധമുണ്ടാകുന്നത് ഇതാണ് സൂര്യൻ എന്ന അങ്ങനെ സംഭവിക്കും മരുമരീചികയിൽ ഒരാൾക്ക് നിശ്ചയം വന്നിട്ട് വെറും ഭ്രാന്തിയാണ് വെറും പ്രകാശമാണ് ഇത് ബോധ്യം വന്ന എങ്ങനെയാണ് ജലമാണെന്ന് കരുതാൻ കഴിയും എങ്ങനെ അവിടെ ജലപാനത്തിന് വേണ്ടി അയാളെങ്ങനെ ഉദ്യമിക്കും അതൊന്നും സംഭവിക്കത്തില്ല അതുപോലെ തന്നെ ഇവിടെയും ദൃഢത വന്നവനെ സംബന്ധിച്ച് ഈ അനർത്ഥം അയാളെ ബാധിക്കുന്നില്ല അതിനാണ് തത്ത പരിസ്ഥിതിയിലാണ് ദൃഷ്ടാന്തം പക്ഷെ ഇവിടെ പറയുന്നു ഇത് ലകികമായ ദൃഷ്ടാന്തങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇത് വേദമാണ് വേദം പ്രമാണമാണ് വേദത്തിന്റെ ഒരു ഭാഗം പ്രമാണം വേറൊരു ഭാഗം അപ്രമാണമെന്ന് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം വേദത്തെ ആശ്രയിച്ചിട്ടാണ് രണ്ടാമത് വരുന്നുള്ളൂ യുക്തിയും അനുഭവമല്ല ഇവിടെ ചർച്ചയിൽ പ്രാധാന്യം എന്തുകൊണ്ട് വേദവാക്യങ്ങളെ അവലംബിച്ചാണ് ചർച്ച അതിനാശ്രയിച്ചിട്ടാണ് ഈ ചർച്ചകളല്ലേതത്തിന് രണ്ടു ഭാഗവും ഒരുപോലെ പ്രാധാന്യമാണ് ഉപനിഷത്തിൽ നിന്ന് മനസ്സിലാക്കി അദ്വൈതാത്മ ദർശനം പക്ഷെ അതേപോലെ പ്രാമാണികമാണ് പൂർവ്വകാന്ഡ് നിങ്ങൾ പറയുന്നു ആ കർമ്മവിധി ആത്മജ്ഞാനം ബാധിക്കുന്നു തിരിച്ചെന്തുകൊണ്ടായിക്കൂടാ വേദം പഠിക്കുന്നു രണ്ടും ഒരുപോലെ പ്രാമാണികമാണ് ഉപനിഷത്തിൽ നായക്കാതുണ്ടായി അത് കഴിഞ്ഞിട്ട് കർമ്മവിധികൾ വന്നിട്ട് അതിനെ ബാധിക്കുന്നു സാർ നമ്മൾ കാണാറുണ്ട് ചിലർ ആദ്യ ജ്ഞാനിയാവുന്നു പിന്നീട് അതിന് വിരുദ്ധമായ പ്രവൃത്തിയിലേക്ക് പോകും ഈശ്വലർ ആദ്യം സന്യാസിയാകുന്നു സന്യാസിയായി ആത്മജ്ഞാനം ഉണ്ടായി മറ്റുള്ളവരെയൊക്കെ ഉപദേശിച്ച് കൃതാർത്ഥനായി പിന്നെ വീഴ്ചട്ടു പോയി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കും അതുപോലെ ഏത് താൽപര്യമാണ് എന്ത് ചെയ്യുന്നു അയാളാദ്യം ഞാനിയായി കാരണം ഗുരുവായൂ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി കർമ്മവിധി പ്രത്യേകങ്ങളെ അയാളെ ബാധിച്ചു കഴിഞ്ഞു എല്ലാം കളഞ്ഞിട്ട് പോകും അങ്ങനെ കാണാറുണ്ടല്ലോ അതുപോലെ കർമ്മവിധി എന്ന് പറയുമ്പം ഗാർഹസ്ഥ്യം അദ്വൈതാത്മദർശനം എന്ന് പറയുമ്പോൾ സന്യാസം ഭാഷകാലനെ സംബന്ധിച്ച് രണ്ടും രണ്ടാണ് ി പ്രത്യയങ്ങൾ സന്യാസത്തെ ബാധിക്കുമോ സന്യാസത്തിനെയും സന്യസിക്കുമോ എന്നാണ് ചോദിച്ച ഗീത ഭാഷയത്തിലൊരു എടുത്ത് വന്ന് സന്യാസത്തെ സന്യസിക്കാൻ പറ്റുമോ പറഞ്ഞ് സാധ്യമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സന്യാസത്തെ സന്യസിക്കാൻ പറ്റുന്നു ും സന്യാസം നിക്ഷേപാർഥ അവിടെ ത്യാഗാർത്ഥ സമ്പൂർവകന്യാസ ശബ്ദാർത്ഥ ർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗമാണ് പിന്നെ അവിടെ രണ്ടാമതൊരു ത്യാഗത്തിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഒരു വെളിച്ചം സംഭവിക്കത്തില്ല അതിന്റെ ആവശ്യവും വരുന്നില്ല സ്വയം അത് പര്യാപ്തമാണ് സന്യാസത്തിനാർക്ക് സന്യാസിക്കാൻ പറ്റില്ല പിന്നെ സന്യാസം ഉപേക്ഷിക്കുന്നത് സന്യാസാഭാസം ശരിയായ സന്യാസമല്ല വാങ്ങുന്ന സന്യാസം ചിലപ്പോൾ കളയും അത് പറ്റും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സന്യാസം ആ സന്യാസത്തെ യഥാർത്ഥ സന്യാസം എന്നാണ് ത്യാഗാർത്ഥം ത്യാഗരൂപമാണ് അതാർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല കർമ്മവിധി പ്രത്യങ്ങൾ സന്യാസത്തെ ബാധിക്കത്തില്ല കർമ്മവിധി പ്രത്യേക കർമ്മവിധി പ്രത്യങ്ങൾ ബാധിക്കുന്നു അത് സംഭവിക്കത്തില്ല രണ്ടും പരസ്പര വിരുദ്ധമല്ല കാര്യങ്ങളാണ് ഒരിടത്ത് ഈ വൈരുദ്ധ്യം സംഭവിക്കത്തില്ല പക്ഷുകാരനത് ആവർത്തിച്ചു പറയും ഞാനോ കർമ്മണോർ വിരോധ പർവത അക്കം ഈശാവാസി എത്രയോ സ്ഥലങ്ങളിത് പറയുന്നുണ്ട് ഒരാൾ ഓളം പാറിപ്പോയി കുറെ കാലം ചികിത്സയിലായിരുന്നു അവിടുന്ന് അവസാനം വിടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പൊക്കെ വീട്ടിൽ പോയി കോളാൻ പോകും അസുഖൊക്കെ മാറി വീട്ടിൽ വന്നു ഭാര്യ ചോദിച്ചെന്താ പോന്നത് എനിക്കിപ്പോ യാതൊരു അസുഖവും എല്ലാം മാറി ശരി സന്തോഷമായി എന്നിട്ട് പറയണം എന്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ അവനെന്താ ഇറങ്ങാമല്ലോ എനിക്കൊന്ന് ഡ്രസ് ചെയ്യണം ചെയ്യാമല്ലോ ആ ഓലക്കയും കിടക്ക മുണ്ടെന്ന് പറഞ്ഞതുപോലെ ഓലക്കയും മുണ്ടുമായിട്ടെന്താ ബന്ധം ഇത് കഥയുള്ള ഒരു ഭ്രാന്തം പറഞ്ഞതാണ് മാറിയില്ല എന്നർത്ഥം മാറിയ പിന്നെ അങ്ങനെ പരസ്പര വിരുദ്ധമായി സംസാരിക്കത്തില്ല ബാധിത പ്രത്യേകം ഇതിനില്ല ഇതൊരിക്കും മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രോഗമല്ല എന്നാണ് പറയുന്നത് മറ്റു രോഗങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചിലപ്പോൾ ചികിത്സിച്ചാൽ ഭാഗ്യക്കേട് കൊണ്ട് വീണ്ടും വരാം വരാതെ ഇരിക്കാം കർമ്മദോഷം കൊണ്ട് വീണ്ടും വന്നു ചേരാം ഇതങ്ങനെയല്ല ഇവിടെ കർമ്മദോഷമല്ല എന്തുകൊണ്ട് കർമ്മവിധി പ്രത്യേകങ്ങൾക്കൊന്നും ഇതിനെ ബാധിക്കാൻ സാധ്യമല്ല ഇത് ചെയ്യുന്നവേഷെന്താ ബന്ധം ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവ് എന്നുള്ള ജ്ഞാനമുള്ളവൻ അപരോക്ഷമായ ജ്ഞാനമുള്ളവൻ ദുഢനിശ്ചയമുള്ളവൻ ഞാനത് ചെയ്യുന്നവനാണ് ചെയ്യേണ്ടവനാണ് ഫലം അനുഭവിക്കേണ്ടവനാണ് തജ്ജനിത അതുകൊണ്ട് വരുന്ന കർമ്മഫല രാഗദ്വേഷ കർമ്മഫലത്തിലുള്ള രാഗദ്വേഷങ്ങൾ കർമ്മത്തിന് സദ്ഫലമാണെങ്കിൽ അതിനോട് രാഗം ദുഷിച്ച ഫലമാണെങ്കിൽ അതിനോട് ദ്വേഷം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളവനാണ് കർമ്മവിധാനം അവന് വേണ്ടിയിട്ടാണ് ഗർഹസ്ഥ്യം ഈ ദോഷങ്ങളുള്ളവൻ വൈദിക കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു ഈ ദോഷങ്ങളില്ലാത്തവനോ സന്യാസം ജ്ഞാനം പിന്നെ സന്യാസത്തിന് ശേഷം ഗാർഹസ്ഥ്യങ്ങനവർ അല്ലെങ്കിൽ സന്യാസത്തിനോടൊപ്പം അതങ്ങനെ സംഭവിക്കും വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഞാൻ ഈ കർമ്മത്തിന്റെ കർത്താവാണ് ഞാൻ ഈ കർമ്മത്തിന്റെ ഭോക്താവാണെന്ന് ദൃഢമായ സങ്കല്പമുള്ളവനെ കർമ്മം ചെയ്യാൻ പറ്റും അല്ലാത്തവൻ കർമ്മം ചെയ്യാൻ സാധ്യമല്ല കർമ്മം പൂർത്തിയാകത്തില്ല ആ സങ്കല്പമില്ലാതെ കർമ്മം ചെയ്യുക പൂർത്തിയാകുന്നതിനാൽ സങ്കല്പം ആവശ്യമാണ് അതുകൊണ്ടാണ് അത് വൈദിക കർമ്മം എന്ന് പ്രത്യേകം പറയുന്നു വിവിധ കുറിച്ച് അത് ചെയ്യുമ്പോൾ നമ്മളത് ചർച്ച ചെയ്തതാണ് ലൗകിക കർമ്മങ്ങൾക്ക് ആവശ്യമില്ല നമ്മുടെ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർത്താവ് ഭോക്താവ് എന്നും നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ടാണ് ഈ കർത്താവ് ഭോക്താവുന്നെന്ന് പറയുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത സഹജമായ ൗകിക കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോ ലൗകികം എന്ന് പറയുമ്പോൾ ലോകപ്രസിദ്ധമായ കർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് നമ്മൾ ചെയ്യുന്നു അവിടെ നിന്നും ആരും ഒരിക്കലും ചിന്തിക്കാറില്ല ഞാൻ കർത്താവാണ് ഭോഗ അതിലൊന്നും ആവശ്യം വരുന്നില്ല പക്ഷെ വൈദിക കർമ്മത്തിൽ അങ്ങനെയല്ല കർമ്മം ചെയ്യുന്നവന് ഇങ്ങനെ ഒരു സങ്കല്പം വേണം ഞാൻ കർമ്മത്തിന്റെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു കർത്താവാണ് ഈ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കണം അവിടെ കർമ്മം വിധിച്ചിരിക്കുന്നത് ഈ കർത്തൃത്വഭോക്തൃത്വ ഭാവനയെ അംഗീകരിച്ചു കൊണ്ടാണ് സന്യാസി എന്ത് ചെയ്യുന്നു ആ ജ്ഞാനം കൊണ്ട് ഈ ഭാവനയെ ഉപേക്ഷിച്ചിരിക്കും അയാളെ സംബന്ധിച്ച് ഈ ജ്ഞാനം ബാധിച്ചു പിന്നെ അവിടെ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് അവിടെ ബാധകപ്പെടുയമില്ല കർമ്മവിധി ജ്ഞാനങ്ങൾക്ക് ബാധിക്കാൻ സാധ്യമല്ല കുറവക്ഷി പറയുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് അധിക സകല വേദാർത്ഥ കർമ്മവിധാന അദ്വൈതജ്ഞാനബോപി കർമ്മ വിധിച്ച് അധികത സകല വേദാർത്ഥ വേദം സാകല്യേന അധ്യയനം ചെയ്തു പൂർണ്ണമായും അധ്യയനം ചെയ്തു അതിനെക്കുറിച്ച് ശരിയായി വിചാരം ചെയ്തുവൻ മീമാംസ വേദം മാത്രമല്ല സാങ്കമായി വേദം ചെയ്തുവൻ കത്തസൂത്രങ്ങളിൽ നിന്നും മറ്റും വേദത്തിന്റെ വിധാനങ്ങളെല്ലാം മനസ്സിലാക്കിയു അങ്ങനെയുള്ളവനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുവൻ വേദത്തിൽ നിന്ന് വിശദീകരിച്ചു ഇത് മനസ്സി വെച്ചുകൊണ്ടാണ് കുറവ് ചോദിക്കുന്നത് അവന് ഉപനുഷ്യത്തിൽ അദ്വൈതം ഞാനും മനസ്സിലാക്കി അപ്പോ സമ്പൂർണമായ വേദാർത്ഥ ജ്ഞാനം ഉള്ളത് കൊണ്ട് കർമ്മ കർമ്മം ചെയ്തേ പറ്റുമെന്നാണെങ്കിലോ ഒരു തരത്തിലും ഇടുന്നില്ല എന്നാ പറയുന്നു എന്താ ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലാകാത്തതെന്നാണ് ഇതെങ്ങനെ സാധ്യമാകും ഉപമർദ്ദി കർമാധികാരി സ്വാഭാവിക വേദം പറഞ്ഞിട്ടില്ല ജ്ഞാനം ഉണ്ടായത് അവനുണ്ടത് അവനൊരുപക്ഷെ അവനെ കുറിച്ച് ചിന്തിക്കാതിരുന്നേക്കാം അവൻ തിരിച്ചറിയാതിരുന്നേക്കാം പക്ഷേ ഞാൻ കർത്താവ് ഭോക്താവ് എന്നുള്ളത് ഉണ്ടവിടെ തന്റെ സർവപ്രവൃത്തി ചെയ്യുമ്പോഴും അവന് താല്പര്യമുണ്ട് എനിക്കിതിന്റെ ഫലം കിട്ടണം ഞാനത് അനുഭവിക്കുന്നവനാണ് കർമ്മം ചെയ്യുമ്പോൾ ഇത് ഞാനല്ല നീയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ കഴിയില്ല ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലാ ചെയ്യുന്നത് അപ്പൊ കർത്തൃഭോക്തൃജ്ഞാനം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇതിനെ സതൈകമേവാദ്ധീയം ആത്മീയവേദം സർവവിജ്ഞനേന ഉപമർത്തിവത്തെ ഞാനും നശിച്ചുപോയി പൂർണ്ണമായി സതൈകമേവാദ്തീയോ എന്നുള്ള ജ്ഞാനം ഇതിനെ നശിപ്പിച്ചു തസ്മാത് അവിദ്യാതി ദോഷവദേവ കർമാണി വിധീയൻതേ നന്ദുവിതജ്ഞാനമ അതുകൊണ്ട് പറയുന്നു അവിദ്യാദി ദോഷമുള്ളവർക്ക് വേണ്ടിയാണ് വേദം കർമ്മത്തെ വിധിച്ചിരിക്കുന്നത് അദ്വൈതജ്ഞാനം അഥവാ അദ്വൈതജ്ഞാനമുള്ളവനല്ല അതിനുദാഹരണം പറഞ്ഞു മറ്റൊരു ജ്ഞാനം ഉണ്ടായാലും വേദത്തിലാണ് അദ്വൈതജ്ഞാനം അവനെ ബാധിക്കും ബാധിച്ചു കഴിഞ്ഞാലോ മരിച്ചവൻ തലപൊക്കാത്തതുപോലെ ഒരു ജ്ഞാനം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അത് തീർന്നു കഴിഞ്ഞു പ്രകാശത്തിന് പിന്നെ ഇരുട്ടിന് സ്ഥാനമില്ല അതേവഹി പക്ഷതി പുണ്യലോകാഭവന്തി മൂന്ന് കൂട്ടരും ആരൊക്കെയാണ് ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ വാണപ്രസ്ഥൻ ഈ മൂന്ന് കൂട്ടരും എന്ന് പറയുമ്പോൾ ഇവിടെ ആരും ഉദ്ദേശിച്ച് പറയുന്നു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മൂന്ന് കൂട്ടർ ബ്രഹ്മചാരിയും കർമ്മങ്ങളുണ്ട് ചെയ്യേണ്ട സ്വാധ്യായം പോലെയുള്ള കർമ്മങ്ങളുണ്ട് ഗൃഹസ്ഥനുണ്ട് വലിയ വലിയ കർമ്മങ്ങൾ സോമയാഗം പോലുള്ള കർമ്മങ്ങളുണ്ട് വാനപ്രസ്ഥനും കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കൂട്ടരും കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഈ മൂന്ന് കൂട്ടർക്കും സർവേ പുണ്യലോകഭവന്തി ഈ മൂന്നുകൂട്ടരും ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അവർക്ക് പുണ്യലോകങ്ങൾ ഉണ്ടാവും അവർ വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു ഈ മൂന്ന് കൂട്ടരെ കുറിച്ചൂടെ പറയുന്നത് അദ്വൈതജ്ഞാനം ഇല്ലാത്തവരാണ് കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചാണ് അതാണ് സർവേ ഈ മൂന്നുകൂട്ടരും കർമ്മികൾ പുണ്യലോകം അവർക്കുണ്ടാവും ഉണ്ടായേ പറ്റുക ചെയ്താൽ ബ്രഹ്മസംസ്ഥോ സന്യാസിയാണെങ്കിലോ ബ്രഹ്മസംസ്ഥൻ സന്യാസി അമൃതത്വമേരി അവന് പുണ്യലോകമല്ല അവൻ അമൃതത്വത്തെ പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു ഇതെല്ലാം ശ്രുതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പിന്നെന്താ സംശയം അതുകൊണ്ട് കർമ്മവും തത്വജ്ഞാനവും തമ്മിൽ യാതൊരു ബന്ധമില്ല രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു അടുത്തുപാസനയിലേക്ക് വരുന്നു തത്ര ഏതസ്മിൻ അദ്വൈതവിദ്യാപ്രകരണെ അഭ്യുദയ സാധനാനും ഉപാസനാനും ഉച്ച പറയുന്നു അദ്വൈത വിദ്യാപ്രകരണയെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് സോമയാഗം ഇനി വരുന്നത് അദ്വൈത വിദ്യാപ്രകരണമാണ് ഇവിടെ അഭ്യുദയ സാധനാനി ഉപാസന അഭ്യുദയ സാധനം അഭ്യുദയത്തിന് സാധനമായുള്ള ഉപാസനകളെ പറയുന്നു കാരണം ഇവിടെ ഉപാസനകളെ പറയുന്നു അതിന്റെ ഫലത്തെയും പറയുന്നു കർമ്മത്തെ പോലെ തന്നെ അതിനും ഫലങ്ങളുണ്ട് കൈവല്യ സന്നിധൃഷ്ട് ച അദ്വൈതീശതബ്രഹ്മവിഷയാണ് മനോമയ പ്രാണശരീര ഇത്യാദീനി കർമ്മസമൃദ്ധി ഫലാനി ച കർമാസംബന്ധീനി അദ്വൈതത്തിൻ്റെ പ്രകടനത്തിൽ ഈ ഉപാസനയെന് ചേർത്തു അതിന് സമാനം പറയുന്നു നമ്മളതിൽ ചിന്തിക്കും നമ്മൾക്കാവശ്യം അദ്വൈതമാണ് നമ്മൾ ജ്ഞാനികളാണ് ഞാനത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഈ ഉപാസനകളൊക്കെ എന്തിനാ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുകയും നമ്മളിതൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു സംബന്ധമാണല്ലോ ഇതുകൊണ്ട് എന്താ പ്രയോജനം ഒന്ന് പറയുന്നു ഇത് പ്രയോജനമുണ്ട് കൈവല്യ സന്നിഗൃഷ്ടഫലാനി മോക്ഷത്തിനോട് ചേർന്ന ഫലങ്ങളാണ് അടുത്തുള്ള ഫലമാണ് കൈവല്യ സന്നിഗൃഷ്ടഫലാനി മോക്ഷത്തോട് അടുത്തു വരുന്ന ഫലങ്ങളാണ് ഉപാസന ഫലാനുചാർ അദ്വൈതാണ് അദ്വൈതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈശദ് വികൃത ബ്രഹ്മവിഷയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണീകർദ്ധം അതാണ് ഈശദ് വികൃത ബ്രഹ്മം ഹിരണ്യഗർഭ വിഷയമായിട്ടുള്ള ഉപാസനകൾ അങ്ങനെയുണ്ട് ഹിരണ്യഗർഭപ്രാപ്തിക്കുള്ള ഉപാസനങ്ങൾ മനോമയ പ്രാണശരീര ഇത്യാദിനി കർമ്മസമൃദ്ധി ഫലമാണ് കർമാസംബന്ധീനും ഇനി കർമ്മഫലം സമൃദ്ധമാകുന്നതിനുള്ള കർമാസംബന്ധമായിട്ടുള്ള ഉപാസനകൾ ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട് കർമ്മത്തോട് ചേർത്തു വരുന്നത് കർമ്മഫലത്തെ പുഷ്പമാക്കുന്നു ി ആത്മജ്ഞാനത്തോട് ചേർന്നിരിക്കുന്നത് കാര്യബ്രഹ്മ വിഷയത്തിലുള്ള ഭരണഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ അത് മാത്രവല്ല രഹസ്യ സാമാന്യ മനോവൃത്തി സാമാന്യ രണ്ട് രഹസ്യമാണ് രഹസ്യം ഉപനിഷത്ത് മനസ്സിന്റെ ഏകാഗ്രത എന്നൊക്കെ അർത്ഥമുണ്ട് ഏകാഗ്രത രണ്ടിടത്തും വേണം തത്വജ്ഞാനത്തിനും വേണം ഉപാസനക്കും വേണം നേരിട്ടൊരാള് ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് ആത്മജ്ഞാനത്തിലേക്കന്ന ആധ്യാത്മിക മാർഗത്തിലേക്ക് തന്നെ പ്രവേശിക്കുമ്പോൾ സർവർക്കും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ വൈഷമ്യം എന്ന് പറയുന്നത് ഏകാഗ്രത ഇല്ലാതെയാണ് മനസ്സിന് ഏകാഗ്രത ഉണ്ടാകത്തില്ല മനസ്സ് വിക്ഷിപ്തമായിരിക്കും സദ്വിചാരങ്ങളിൽ മനസ്സിനെ നിർത്തണമെന്നാഗ്രഹിച്ച് അതൊരു വിചാരങ്ങളിലേക്ക് പോകും അതിനെ തുടർന്ന് അത് ദുർ വാക്കിലേക്കും ദുഷ്പ്രവൃത്തിയിലേക്കും പോകും ഇത് സർവ്വസാമാന്യമായിട്ടുള്ള കാര്യമാണ് ഇതിലൊന്നൊരു സാധകനും മുക്തനല്ല മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് എന്തുകൊണ്ട് അവിടെ ഏകാഗ്രതയില്ല അതുകൊണ്ട് എല്ലാം അങ്ങനെ ഒരു മനസ്സുള്ള ഒരാൾ നേരിട്ട് ആത്മവിദ്യയെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അയാളവിടെ വിജയിക്കുന്നുണ്ട് അതുകൊണ്ട് ആത്മവിദ്യയുടെ അധികാരിയെക്കുറിച്ച് പറയുമ്പോൾ പ്രകടനഗ്രന്ഥങ്ങളിലൊക്കെ പറയും എന്താണ് കൃതോപാസി അകൃതോപാസ്തി എന്ന് പറയുന്നു ഉപാസനയൊക്കെ ചെയ്തവൻ ഈ ജന്മത്തിലാണെങ്കിൽ പൂർവ്വജന്മത്തിൽ അവന് തത്വഗ്രഹണത്തിന് മനസ്സിന്റെ വിക്ഷേപം തടസ്സമാകത്തില്ല അത് അപൂർവത്തിൽ അപൂർവമേ അങ്ങനെയുള്ള പുണ്യാത്മാക്കൾ സംഭവിക്കത്തുള്ളൂ കരതലാമലഗവത് എന്ന് പറയും സ്വർണ്ണം കയ്യിൽ നെല്ലിക്ക പോലെ ശരണത്തിൽ തന്നെ തത്വം പ്രകാശിക്കും മഹാത്മാക്കളെല്ലാം അങ്ങനെയാണ് കൃതോപാസ്യങ്ങളാണ് പൂർവ്വത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇത്തവണ കേവലം അതിൻ്റെ ഫലത്തിന് വേണ്ടി മാത്രം ശരീരം സ്വീകരിച്ചു അകൃതോപാസയിലാണെങ്കിലോ ജിജ്ഞാസയുണ്ടായി പക്ഷേ ഉപാസനകളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഓരോ ജന്മത്തിൽ ചെയ്തിരിക്കാം പക്ഷെ ഒന്നും പൂർണ്ണമായില്ല ഈ ജന്മത്തിൽ ഉപാസനകൾ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ മനസ്സിന്റെ വിക്ഷേപം എപ്പോഴും തടസ്സമുണ്ടായിക്കൊണ്ടേ ബഹിർമുഖമായി നമ്മൾ കാണുന്നില്ല ആധ്യാത്മികമായ ജിജ്ഞാസയുണ്ട് ശുഭേ ഉണ്ട് പക്ഷെ മനസ്സിന്റെ വിക്ഷേപം കൊണ്ട് ബഹിർമുഖന്മാരായിപ്പോവും ആത്മവിസ്മൃതിയില് വ്യവഹാരത്തിൽ മുഴിപ്പോവും അവർ ദുഷ്ടാത്മാക്കളല്ല പുണ്യമുള്ളവർ തന്നെ പക്ഷേ അകൃതോപാസികൾ മനസ്സിന്റെ ഏകത്തേക്ക് സഹായിക്കുന്ന ഉപാസനകളൊന്നും ചെയ്തിട്ടില്ല മൂ അതുകൊണ്ട് ആധ്യാത്മികമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായാലും ശരി ശ്രദ്ധ വരുത്തല്ല വേർമുഖമായി തന്നെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവർക്ക് വ്യവഹാരത്തിലും മറ്റും കൂടും ഒരു കഥ പറയും വടക്കേലൊക്കെ ഒരാട് മരിച്ച് സ്വർഗത്തിന്നു സ്വർഗത്തിന്നപ്പോഴത്തേക്ക് അത് ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് പുണ്യം ചെയ്തവരെ ആദ്യം അവിടെ ചെന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് അമൃത കുടിപ്പിക്കും ശുദ്ധനാക്കും അതോടുകൂടിയാണ് അയാളുടെ ഈ ദുഃഖങ്ങളെല്ലാം മാറുന്നു പിന്നെ ദുഃഖമില്ല പിന്നെ സ്വർഗത്തിൽ കഴിയുന്ന കാലത്തോളം ആനന്ദം പരമാനന്ദ്രോയി വിളമ്പി കൊടുത്തു അയാള് പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ അമൃത് കുടിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളെ ആരെങ്കിലും ഉദ്ദേശിച്ചാണ് പറയുന്നത് അവസാനം പുലിവാലാകരുത് ഞാൻ സതുദ്ദേശത്തിലാ പറയുന്നു കേട്ടത് പറയുന്നു അമൃതം കുടിക്കത്തില്ല അപ്പൊ ആദ്യമാണ് അങ്ങനെ ഒരു അനുഭവം സ്വർഗത്ത് ചെന്നിട്ട് അമൃത് കുടിക്കാത്തതാണ് ഉടനെ അവരോട് ഗവേഷണം നടത്തി എന്താ ഇങ്ങനെ സംഭവിച്ചത് സ്വർഗത്തിലല്ലേ ചേർന്നത് ഇയാള് വെറുതെ സ്വർഗത്തിൽ ചെല്ലത്തില്ല മനുഷ്യന്താണ് അപ്പൊ അവര് കണ്ടുപിടിച്ചു എന്തായിരുന്നു ഇയാളൊരു സന്യാസിയായിരുന്നു പൂർജർണത്തിൽ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നതിനു ഒരു സന്യാസിയിരുന്നു പറഞ്ഞ പോരാ ഒരു വലിയ ആശ്രമത്തിൽ ഒരുപാട് അന്തേവാസികളൊക്കെ ഉള്ള ഒരു ആശ്രമത്തിൽ ആയിരുന്നു അതുകൊണ്ട് ഇയാളെന്താ പറഞ്ഞത് ഞാനീ അമൃതം കുടിക്കുന്നില്ല പിന്നെ എന്താണ് ഞാൻ ഇവിടെ ആയിരുന്നു ഇതൊക്കെ നോക്കിക്കോട്ടോ ആവശ്യമില്ലാതെ ആരും കയറി അമൃതം കുടിക്കാതെയും ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു ജോലി നോക്കാം അത് നോക്കാം അമൃത തെൽക്കാലം കുടിക്കുന്നില്ല അതെന്റെ ശീലമായി പോയി എന്താ ശീലം ഞാനവിടെ ആശ്രമത്തിൽ ഊട്ടുവരയുടെ ചാർജായിരുന്നു എന്ന് പറഞ്ഞാണ് ഒരു തമാശ കഥയായിരിക്കും കേട്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അപ്പൊ ബഹുർമുഖ ക ഒരുപാട് പേര് ഉറങ്ങുന്നു അതുകൊണ്ടാണ് ഞാനൊരു തമാശ പറഞ്ഞത് രഹസ്യ സാമാന്യ ഏകാഗ്രത രണ്ടിനും വേണം ആത്മജ്ഞാനത്തിനും വേണം ഉപാസനയ്ക്കും വേണം മനോവൃത്തി സാമാന്യാ രണ്ടും കേവലം മനോവൃത്തിയാണ് അദ്വൈതാത്മജ്ഞാനമായാലും ശരി ഉപാസനയായാലും ശരിയെന്നുവെച്ചാൽ അവിടെ വേറെ പ്രവൃത്തിയൊന്നുമില്ല വാക്കായ പ്രവൃത്തിയിലില്ല മനസ്സിന്റെ പ്രവൃത്തിയേ ഉള്ളൂ യഥാദ്വൈതജ്ഞാനം മനോവൃത്തി മാത്രം അദ്വൈതജ്ഞാനം കേവലം മനോവൃത്തിയാണ് അധികവും ഒന്നുമില്ല അവിടെ തഥാ അന്യുപാസന അന്യാനി ഉപാസന അതുപോലെയാണ് മറ്റുപാസനകളും മനോവൃത്തി രൂപണി ഇത് അസ്ഥി സാമാന്യം ഇതുമെല്ലാം എന്താണ് മനോവൃത്തി രൂപമാണ് അവരുടെ രണ്ടും സാമാന്യ രണ്ടും ഒരുപോലെയാണ് തത്വജ്ഞാനത്തിന് ഉപാസനയ്ക്ക് ഏകാഗ്രത ആവശ്യമാണ് അകൃത ഉപാസികൾ ഉപാസന ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതിനാഗ്രഹിക്കുന്ന ഏകാഗ്രത വരത്തില്ല മനസ്സ് ബഹർമുഖമായി വ്യവഹാരത്തിലേക്ക് പോകും കർമ്മങ്ങളിലേക്ക് പോവും അല്ലെങ്കിൽ മനസ്സിന് വിക്ഷേപത്തെ ഏകാഗ്രതയായി തെറ്റിദ്ധരിച്ചിട്ട് അതിനെ തന്നെ സാധനയായി സ്വീകരിക്കുക അങ്ങനെയും ചെയ്യും വിക്ഷേപവും ഏകാഗ്ര വ്യത്യാസം അറിയത്തിട്ട് അതുകൊണ്ട് വിക്ഷേപത്തെ തന്നെ സാധനയായി സ്വീകരിച്ചു അങ്ങനെയും സംഭവിച്ചു എന്തായാലും അദ്വൈതജ്ഞാനം അകൃത ഉപാസിക്ക് സാധ്യമല്ല അതുകൊണ്ട് പറയുന്നു ഉപാസന ആവശ്യമാണ് ഭക്ഷണം പറഞ്ഞു വരുന്നതാണ് അദ്വൈതജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഏകാഗ്രത ഇല്ലെങ്കിൽ ഉപാസന തന്നെ ചെയ്യുക ഉപാസനയിലൂടെ അത് വർദ്ധിക്കും ഏകാഗ്രത വർധിക്കും അദ്വൈത ജ്ഞാനത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുണ്ടോ ശ്രവണ ശ്രവണം പോലും ഒരു ഉപാസനയാണ് അദ്വൈതജ്ഞാനപ്രാപ്തി ഉണ്ടാകാത്തടത്തോളം അല്ലെങ്കിൽ ഒരു ഉപാസനയുടെ മനനം വ്യവദേശാക് ഉപാസന ശ്രവണാനന്ദരാഗത മനനോപാസന എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതുമെല്ലാം ഉപാസനപ്പെടുന്നതാണ് ശ്രവണ മനനങ്ങൾ പക്ഷെ ഒരു കാര്യം ശ്രവണത്തിനും മനനത്തിനുമുള്ള ഏകാഗ്രതയെങ്കിലും വേണം മനസ്സിന് അതില്ലെങ്കിൽ അതുമില്ലെങ്കിൽ പിന്നെ മറ്റുപാസനകൾ ചെയ്യുക അതിനാണ് പൗരാണികമായ പ്രതീക ഉപാസനയും മറ്റും വന്നിരിക്കുക ഗുരുശുശ്രൂഷ അതൊരു ഗുരുസേവ ഉപാസനയാണ് അങ്ങനെ ദേവത ഉപാസന ഇതല്ല പക്ഷെ ഇവിടെ ഭാഷകാരം പറയുമ്പോ ഇതെന്ന് അവിടെ മുഖ്യമായും വരുന്നത് ഗുരു ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട് മുഖ്യമായും വരുന്ന വൈദിക കർമ്മങ്ങളാണ് അതാണ് അവരുടെ ശീലം അങ്ങനത്തെ വൈദിക ഉപാസനയെ കുറിച്ച് പറയുന്നത് മനോഹൃത്തി രൂപാണിത്യസ്ഥിഹിസാം രണ്ടും തമ്മിൽ സമാനതയുണ്ട് അതുകൊണ്ട് ഇവിടെ ഇത് ഭാഷ്യകാരൻ ഉൾപ്പെടുത്തിയല്ലോ വേദം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കർമ്മം ഉപാസന ജ്ഞാനത്തോടൊപ്പം ഉപാസന ഭാഷ്യകാരൻ എന്തുകൊണ്ടിത് വ്യാഖ്യാനിച്ചു ഇത് തന്നെയാണ് കാരണം ഇവിടെ പറയുന്ന ഉദ്ഗീതം ഉദ്ഗീതം ഉപാസനയെ കുറിച്ച് പറയും സോമയാഗത്തിൽ ഉദ്ഗാതാവ് ചൊല്ലുന്ന മന്ത്രം സമഭക്തി എന്നാണ് എന്റെ പേര് ഉദ്ഗീതം ഉച്ച യജമാനൻ കാശുകൊടുത്തു വിലക്കെടുത്തയാളാണ് ഉദ്ഗാതാവ് വൃത്തി അതുകൊണ്ട് ഉദ്ഗാതാവിന്റെ ഉപാസന യജമാനന് ുണം ചെയ്യും എന്നാണ് വൈദികമായ വിശ്വാസം അതോടൊപ്പം ഉദ്ഗാതാവ് യജമാനോട് ആവശ്യപ്പെടുന്നു ചില ഉപാസനങ്ങൾ ചെയ്യാൻ പറ്റും രണ്ടു തരത്തിലാണ് ഋർത്തിക്കിന്റെ ഉപാസന യജമാനിന്റെ ഉപാസന രണ്ടും കൂടി ചേർന്നാൽ വലിയ ഫലം ഉണ്ടാവും കർമ്മത്തിന്റെ ഫലം അപ്പൊ അവിടെ ഉപാസന എന്ന് പറയുന്നു പ്രത്യേകിച്ചൊന്നുമില്ല മന്ത്രത്തെ ചൊല്ലുന്നു മന്ത്ര അർത്ഥബോധമുള്ളവരാണ് എടുത്തി അപ്പൊ അതിന് ഫലം ഉണ്ടാവുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ഭാഷകാലം പറയുന്നു അദ്വൈതം വിചാരം ചെയ്യുന്നവര് ഈ ഉപാസനാഭാഗങ്ങളും മനസ്സിലാക്കും എന്തിനാ ഇത് മനസ്സിലാക്കുന്നതന്നെ ഉപാസനയാണ് ആ മന്ത്ര താല്പര്യം മനസ്സിലാക്കുന്ന ഒരു ഉപാസനയാണ് ഉപാസന എങ്ങനെയാണ് മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്നത് വൈദിക ഉപാസന പുണ്യത്തെ ഉണ്ടാക്കുന്നു ആ പുണ്യം ഏകാഗ്രത എന്ന് ഫലത്തെ ഉണ്ടാക്കുന്നു അങ്ങനെ പുണ്യത്തെ കൊടുക്കുന്നതിനുള്ള ശക്തി വൈദിക മന്ത്രങ്ങൾക്കുണ്ടെന്നാണ് വൈദികരുടെ വിശ്വാസം അതുകൊണ്ടാണ് ഭാഷകാരൻ കൂടെ അദ്വൈതമല്ലാത്ത കാര്യങ്ങളെ വ്യാഖ്യാനിച്ചത് അപ്പം ഇതിന്റെ വിചാരം പുണ്യത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കേണ്ട ഭാഗങ്ങളല്ല തള്ളിക്കളയേണ്ട ഭാഗങ്ങളല്ല ഇതിൽ പിന്നെ ഒന്നു വരുന്നുണ്ട് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടി വരുന്ന ചില ഭാഗങ്ങളുണ്ട് അത് ഗൃഹസ്ഥന് വേണ്ടി മാത്രമുള്ളത് സന്യാസിക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങളുണ്ട് അത് സന്യാസിക്ക് ആകാവുന്ന ഏതു തരത്തിലായാലും ശരി ഇത് ഉപേക്ഷിക്കാൻ പാടില്ല ഇതെന്താണ് ഇത്രയും മരിച്ചു നീക്കുന്ന ഇതൊന്ന് സ്പീഡിന് പോയാൽ ശരിക്കും അത് ഇതത്തിൽ പെട്ടെന്ന് എത്തുമല്ലോന്ന് ചിലപ്പോൾ ആരുടെയെങ്കിലും അങ്ങനെയാണെങ്കിൽ ഭാഷകാരീത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലായിരുന്നു വ്യാഖ്യാനിച്ചത് അദ്വൈതം വിചാരം ചെയ്യുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കർമ്മികൾക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടി നേരത്തെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവർക്ക് ഇത്തരം വ്യാഖ്യാനത്തിന്റെ ആവശ്യം പൂർവ വിമാംസത്തിൽ നിന്ന് തന്നെ അവർ വിചാരം ചെയ്ത് മനസ്സിലാക്കിയതില്ല മറിച്ച് അദ്വൈതജ്ഞാനത്തിന് ഉപയോഗിയാണ് ഇത് ഉപാസന ഇതിന്റെ വിചാരം പുണ്യത്തെ ഉണ്ടാകുന്നു എന്തൊക്കെ അത് മനസ്സിന്റെ ഏകാഗ്രത ഉണ്ടാക്കുന്നു പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് തമാശ പോലെ തോന്നും പട്ടി വേദം ചൊല്ലി എന്നൊക്കെ പറയുന്നേകുമ്പോൾ നമുക്ക് അതിശോക്തി പോലെയൊക്കെ തോന്നും ആയിരിക്കാം അതിശോക്തികളായിരിക്കാം പക്ഷെ ഇത് അന്തരാത്മാവിൽ ആ ജീവൻ അറിയാതെ തന്നെ അവിടെ പുണ്യത്തെ ആവാഹിക്കുന്നു അതിന് വൈദിക മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് ഇത് ആസ്തികന്മാർക്ക് വേണ്ടിയിട്ടാണ് നാസികന്മാർക്ക് വേണ്ടിയിട്ടല്ല നാസികം പറയുമ്പോൾ ഇതിലൊന്നും കഴമ്പൊന്നുമില്ല എന്തോന്ന് വേദം എന്തോന്ന് പുണ്യം അവർക്ക് വേണ്ടിയല്ല വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ആസ്തികന്മാർ ഭാഷകാരൻ അവരോടെ പറഞ്ഞിട്ടുള്ളൂ ഒരു കാരണവശാലും നമ്മളിന്ന് ഉദ്ദേശിച്ചിട്ടില്ല ആ വൈദികന്മാര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദം പ്രമാണമായി കഴിഞ്ഞു ഇനി അവരിൽ വേദത്തിൽ ഭക്തിയും വിശ്വാസവും ആസ്തിക്ക് ബുദ്ധിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അതൊക്കെ ഉണ്ടവിടെ പക്ഷെ അവരെ കർമ്മത്തെ വിട്ട് അദ്വൈതത്തിലേക്ക് വരണം കർമ്മത്തെ വിട്ട് നേരിട്ട് വരാൻ പറ്റുമോ ഉപാസനകളിലൂടെ വരാൻ പറ്റൂ എന്തുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പം വിക്ഷിപ്തമാണ് പറഞ്ഞല്ലോ കർത്തൃത്വം ഭക്തത്വം അതുകൊണ്ട് വിക്ഷിപ്തമാണ് മനസ്സ് നേരിട്ട് അദ്വൈതത്തിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല അപ്പൊ അതിനെയൊക്കെ ഒഴിവാക്കി ഉപാസനയിലൂടെ അവിടെ എന്ത് ചെയ്തു അത് ഏകാഗ്രത വരും ഉപാസനയിലൂടെ അവർ നേരിട്ട് അദ്വൈതജ്ഞാനത്തിലേക്ക് വരും ഇനി ഒരാൾക്ക് നേരിട്ട് അദ്വൈതജ്ഞാനത്തിൽ പ്രവേശിക്കാം ക്രിതോപാസിയാണെങ്കിൽ എങ്ങനെ അറിയാം അതീതജ്ഞാനത്തിൽ അയാൾക്ക് അജ്ഞാന സംശയപര്യങ്ങളൊന്നുമില്ല ദൃഢനിശ്ചയം അവന് ഒന്നിന്റെ ആവശ്യം ഉപാസനന്റെ ഒന്നും ആവശ്യം പറഞ്ഞല്ലോ അത് വിരളമാണ് മഹാത്മാക്കൾ വിരളമാണ് അപ്പം മറ്റുള്ളവർക്ക് ഇതാവശ്യമാണ് അതുകൊണ്ട് ഭാഷകാരൻ അതും വ്യാഖ്യാനിച്ചു അപ്പോൾ ഓടിപ്പോകാനൊക്കത്തില്ല നമുക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ വേണ്ടിവന്നാ ഞാൻ ഓടിപ്പോവാം പുണ്യം നഷ്ടപ്പെടും അപ്പൊ ഇവിടെ ഉപാസന എന്ന് പറയുന്നത് വിചാരം തന്നെ അത് അത് തന്നെ ഉപാസന വശം പറയും അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചില്ലെങ്കിൽ വ്യാഖ്യാനത്തിലും പറയും വ്യാഖ്യാനത്തിൽ പറയുന്നു ഉപാസനാനം ഈശ്വരാർപ്പണബുദ്ധിയനുഷ്ഠിത നിത്യാദി കർമ്മ ചിത്തശുദ്ധിദ്വാര ജ്ഞാനകരണത്വ ഉപാസനകൾക്ക് ഫലത്തെ പറയുന്നുണ്ട് പക്ഷെ ആ ഫലത്തെ ആഗ്രഹിക്കുന്നുണ്ട് ഈശ്വരാർപ്പണമായിട്ട് അതനുഷ്ഠിക്കുന്നു ഉപാസന കുറിച്ച് ചിന്തിക്കുന്നു എന്ത് കാമനകളാണോ അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അതാഗ്രഹിക്കുന്നില്ല അത് വേണ്ട ഇവിടെ പശുകാമൻ ചക്ഷുഷ്കാമൻ കീർത്തികാമൻ അതൊക്കെ പറയുന്നതൊന്നും ആഗ്രഹിക്കുന്നില്ല അതാണ് ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ബ്രഹ്മാർപ്പണം എന്നുള്ള മനോഭാവത്തോടു കൂടി ഫലത്തെ താൻ സ്വീകരിക്കുന്നില്ല ഫലത്തെ ബ്രഹ്മത്തിൽ തന്നെ അർപ്പിക്കുന്നു ഫലം വന്നുചേരും എന്ത് ചേരാതിരിക്കാനാണ് അവിടെ അർപ്പിക്കുന്നത് ്രഹ്മത്തിനായിക്കോട്ടെ തനിക്ക് വേണ്ട ആ മനോഭാവത്തിൽ എന്താണ് ഫലം ഉണ്ടാകുന്ന പക്ഷെ ഫലത്തിന് കാരണമായ ഇതെല്ലാം ഉണ്ടാവും പുണ്യവൃദ്ധി ഉണ്ടാകുന്നു ഏകാഗ്രത ഉണ്ടാവുന്നു അതുകൊണ്ട് ഭാഷ്യകാരനെതിലൂടെ വ്യാഖ്യാനിച്ചു അദ്വൈതജ്ഞാനത്തിന് ഉപയോഗിയായതുകൊണ്ട് പറയുന്നു മന്ദാനാം സഹസ തേശു ത്രിവൃത്തി മന്ദന്മാർക്കും അതിപ്രവർത്തിക്കുക ഉപാസനയുണ്ട് അത് വിധജ്ഞാനം പോലെ അല്ല പറയുന്നത് വളരെ സരളമായി മനസ്സിലാകുന്ന കാര്യമാണ് മനസ്സിലാക്കാൻ വയ്യാത്ത പറയുന്നില്ല ഓം അതിനുപാസിക്കുക മനസ്സിലായല്ലോ അതിനെന്താ മനസ്സിലാക്കാൻ പ്രയാസം ഉദ്ഗീതത്തിന്റെ ഭാഗമായിരുന്ന ഓം അതിന് ഉപാസിക്കുക അത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അദ്വൈതം പോലെ മനസ്സിന് വിഷയമല്ല വാക്കിന് വിഷയമല്ല നിർഗുണമാണെന്നെല്ലാം പറഞ്ഞാലും അത് പിടികിട്ടത്തില്ല അത് സാക്ഷാത്കരിക്കേണ്ടതാണെന്നാണ് സാക്ഷാത്കരിക്കത്തക്കതല്ല ചലിക്കുന്നതാണ് ചലിക്കാത്തതാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യമായി തോന്നുന്നു ഇതങ്ങനെയല്ല പറയേണ്ട കാര്യം വ്യക്തമായി പറയുന്നു അതുകൊണ്ട് മന്ദബുദ്ധികൾക്ക് ഇത് പ്രവർത്തിക്കുക അദ്വൈതം മനസ്സിലാകാത്തവർക്കും ഇത് മനസ്സിലാകും അത് വിചാരം ചെയ്യുക അദ്വൈതത്തെ പ്രവേശിക്കുന്നവരും വിചാരം ചെയ്യട്ടെ എന്ന് വരെയാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചത് പക്ഷെ എന്ന് വിചാരിച്ച് അദ്വൈതത്തിന്റെ ഫലമല്ല ഉപാസനയ്ക്ക് രണ്ടു ഒന്നായി ധരിക്കുന്നു രണ്ടു രണ്ടു തന്നെയാണ് ഗുണവും ദോഷവും ഉണ്ട് ഉപാസനയ്ക്ക് അതടുത്ത് പറയുന്നു അദ്വൈതജ്ഞാനസി ഉപാസന വിശേഷം അദ്വൈതജ്ഞാനവും ഈ പറയുന്ന ഉപാസനകളും ഉപാസനകളും നിരവധിയാണ് ഇതെന്തായും തമ്മിലുള്ള ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്താണ് ഉച്ച പറയാം സ്വാഭാവികം അദ്വൈത വിജ്ഞാനം സ്വാഭാവികമായ വിജ്ഞാനം എന്താണത് ആത്മനി അവിക്രി അഭിക്രിയത് ആരോപിച്ചതിന്റെ നിവർത്തകമാണ് അദ്വൈത വിജ്ഞാനം അതിനെ ഇല്ലാതാക്കുന്നു അദ്വൈതജ്ഞാനം രജ്വാദ സർപ്പാദി അധ്യാരോപണ അധ്യാരൂപക്ഷണ ജ്ഞാനിസ്വരൂപനിശ്ചയ പ്രകാശനിമിത്ത രജ്ജുവാ രജ്ജുവിനെന്താണ് സർപ്പാദി അധ്യാരോപലക്ഷണം നമ്മൾ സർപ്പത്തെ ആരോപിക്കുന്നു അജ്ഞാനസ്യ സർപ്പാദി അധ്യാരോപലക്ഷണം അജ്ഞാനം പറയുന്നു അധ്യാരോപം തന്നെ അജ്ഞാനം പലതരത്തിൽ ഭാഷകാരം പറയും അവരുടെ ഇതിനെയൊക്കെ സംബന്ധിച്ച് തലനാരിഴ കീറുന്ന വാദങ്ങളുണ്ട് ചില പറയും എന്താണ് അധ്യാസമാണോ അജ്ഞാനം അധ്യാസമാണോ അജ്ഞാനം അല്ല അജ്ഞാനം വേറെ അജ്ഞാന കാര്യമാണ് അധ്യാസം വാദങ്ങളുണ്ട് ഇവിടെ പറയുന്നത് എന്താണ് സർപ്പാദി അധ്യാരോപിത ലക്ഷണ ജ്ഞാനസ് അധ്യാസം അതെന്താണോ സർപ്പാദി അധ്യാരപമോ സർപ്പാദിസ്വരൂപനിശ്ചയ ആ ജ്ഞാനത്തിന് ജ്ഞാനമൊന്നും അജ്ഞാനമെന്ന് പറയാം അവിവേകമെന്ന് പറയാം ഭ്രാന്തി എന്ന് പറയാം അതിന് രജ്വാഭിസ്വരൂപനിശ്ചയ നിവർത്തകം അദ്വൈത വിജ്ഞാനം രജ്വാദി സ്വരൂപം നിശ്ചയം ആ ജ്ഞാനം പ്രകാശനിമിത്തം എങ്ങനെ വന്നു ഇരളിലാണ് ആ ഭ്രാന്തി ഉണ്ടായത് പ്രകാശം പ്രകാശം കൊണ്ടെത്തി രജ്ജസ്വരൂപം നിശ്ചയം ഉണ്ടായി നമ്മുണ്ടായ സർപ്പജ്ഞാനം ഇല്ലാതായി ഇതുപോലെയാണ് അദ്വൈത വിജ്ഞാനം ഇത്രയോ അദ്വൈത വിജ്ഞാനം വളരെ സരളമാണ് എങ്ങനെയാണോ ആ ഭ്രാന്തി ഉണ്ടായത് അതേപോലെ ക്ഷണം കൊണ്ട് അഭ്രാന്തി ഇല്ലാതായി എന്തുകൊണ്ട് അതില്ലാതായത് മറ്റൊന്നും കൊണ്ടില്ല കേവലം ഒരു പ്രകാശം ഉള്ളിലെ ഒരു പ്രകാശം ഒരു നിമിഷം ബാഹ്യമായ പ്രകാശം മറ്റും സഹായിച്ചു എന്താണ് പ്രകാശവും ഇത് കയറാണ് ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് സർപ്പമാണെന്ന് കരുതിയപ്പോൾ ഭയമുണ്ടായി ശരീരത്തിൽ വരയലുണ്ടായി വേർപ്പുണ്ടായി നിലവിളിച്ച് എന്തെല്ലാം കർമ്മങ്ങളവിടെ സംഭവിച്ചു അവിടെ ഒന്ന് ശ്രമിച്ചു പല കർമ്മങ്ങളവിടെ സംഭവിച്ചു കേവലം ഒരു ഒരു ക്ഷണത്തിലെ ഒരു ജ്ഞാനം കൊണ്ട് പക്ഷെ ഇതെല്ലാം നിമിഷം കൊണ്ട് മാറുന്നു ആശ്വസിക്കുന്നു എന്താണോ അതുപോലെ ഒരു പ്രകാശവും ഇത് പേറാണ് ക്ഷണം കൊണ്ടു കഴിഞ്ഞു ്രമം എങ്ങനെയാണോ ക്ഷണത്തിൽ സംഭവിച്ചു അതുപോലെ ജ്ഞാനവും ക്ഷണത്തിൽ സംഭവിച്ചു പക്ഷെ ഈ ക്ഷണത്തിൽ തന്നെ കർമ്മങ്ങൾ ധാരാളം സംഭവിച്ചു അതാണ് വിറയലും സംഭവും നിലവിളിയും വേറൊപ്പും എല്ലാം മരണഭയവും എല്ലാം സർപ്പം കടിക്കും മരിക്കും അതെല്ലാം നിമിഷം കൊണ്ടെല്ലാം കഴിയുന്നു ചിന്തകളെല്ലാം കഴിയുന്നു മാറുന്നതും നിമിഷം കൊണ്ട് തന്നെ രണ്ടും തമ്മിൽ എത്ര കാലവ്യത്യാസമുണ്ടെന്ന് അവനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംസാര ബന്ധനവും സംസാരമോചനവും എല്ലാം ക്ഷണത്തിലാണ് സംഭവിക്കുന്നത് പക്ഷേ സർപ്പത്തെ കണ്ടവന് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു നമ്മൾ ഒരുപാട് കാര്യം സംഭവിക്കുന്നു അവനാദ്യം വരയ്ക്കുന്നു നിലവിളിക്കുന്നു ശരീരത്തിനാകെ മാറ്റം വരുന്നു ഓടാൻ ഭരണത്തെക്കുറിച്ച് കർമ്മങ്ങൾ ധാരാളം ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ ഒരു ക്ഷണത്തിലാണത് ഈ വിഭ്രാന്തി സംഭവിച്ചത് പക്ഷേ ഇവിടെ ജനനം മരണം ജന്മജന്മാന്തരങ്ങൾ അനന്തമായ ജന്മങ്ങളെല്ലാം സംഭവിക്കുന്നു പക്ഷെ ക്ഷണം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അത് മാറുന്നു ഭ്രമത്തിനും തത്വജ്ഞാനത്തിനും ഇടയ്ക്ക് കാലവ്യത്യാസം എല്ലാ ക്ഷണങ്ങളും സംഭവിക്കും അതുകൊണ്ടാണത് അദ്വൈത വിജ്ഞാനം അത് അനായാസമാണ് ക്ഷണികമാണെന്നെല്ലാം പറയുന്നത് ക്ഷണം കൊണ്ട് സാധിക്കാവുന്നതാണ് എന്നെല്ലാം പറയുന്നത് അതുകൂടെ ഇതാണ് അദ്വൈതാനിതിൻ്റെ പ്രത്യേകത അഭ്രമത്തിനടിപ്പെട്ടാൽ ഇവിടെ കാലദേശ ബോധങ്ങളെല്ലാം വന്നിട്ട് അനേക ജന്മങ്ങളും ജനന മരണങ്ങളും എല്ലാം അനുഭവപ്പെടും എപ്പോഴാണോ ആ ബോധം വരുന്നത് ഇവിടെ പറഞ്ഞതുപോലെ പ്രകാശമി തോന്നുക ആ ക്ഷണത്തിൽ പിന്നെ ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല കാലദേശങ്ങളോ അനന്ത ജന്മങ്ങളോ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല നിത്യശുദ്ധമുക്തൻ അതാണ് അവിടെ ഇതൊന്നും സംഭവിക്കാൻ വഴിയില്ല ഇതാണ് അദ്വൈതജ്ഞാനം ഉപാസന എന്തോ ഉപാസനയാണെങ്കിലോ യഥാശാസ്ത്ര സമർപ്പിതം കിഞ്ചിത് ആലംബന ഉപാദായ തസ്മിൻ സമാന ചിത്തവൃത്തി സന്താനകരണം തദ്വിലത്യ അനന്തരിതം ഇതി വിശേഷം ഉപാസന കുറച്ചുകൂടി ക്ലേശമാണ് അദ്വൈതജ്ഞാനം അനായാസമാണ് സഹജമാണ് അവിടെ രജിസ്ത ജ്ഞാനത്തിന് വേണ്ടി നമ്മളെന്തെങ്കിലും പണിയെടുത്തോ ഒന്നും ചെയ്തില്ല എന്തെങ്കിലും സാധന ഒന്നും ചെയ്തില്ല അദ്വൈതജ്ഞാനം ഒരു സാധനയുടെയും ഫലമല്ലാന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടല്ല അവിടെ വന്നത് എങ്ങനെയാണോ ഭ്രമം വന്നത് അതുപോലെ എവിടെ വന്നോ അവിടെ വെളിച്ചം വന്നു ആരോ വെളിച്ചം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നിമിഷം കൊണ്ട് തന്റെ മനസ്സാന്നിധ്യം വീണ്ടെടുത്തു അതെല്ലാം നിമിഷം കൊണ്ട് കഴിയുന്നതാണ് ഭ്രമം എങ്ങനെ വന്നോ അതുപോലെ പോയി അതുപോലെ ജ്ഞാനം കഴിയുന്നു ഉപാസനം അങ്ങനെയുള്ള യഥാശാസ്ത്ര സമർപ്പിതം ആദ്യം ശാസ്ത്രം എന്തിനെയാണ് ബോധിപ്പിക്കുന്നത് അറിയണം ശാസ്ത്രം അധ്യയനം ചെയ്യണം കിഞ്ചിത് ആലംബന ഉപാധായ ഒരു ആലംബനത്തെ സ്വീകരിക്കുന്ന ഇവിടെ ഓങ്കാരം പ്രതിമ ചെറത്ത് നാമം ഇതിനെയൊക്കെ സ്വീകരിക്കണം തസ്മിൻ സമാന ചിത്തവൃത്തിസന്ധാനകരണം സമാന ചിത്തവൃത്തിസന്താനം സമാന ചിത്ത വൃത്തി പ്രവാഹം ഉണ്ടാക്കുക മനസ്സിൽ അതാണ് ഉപാസന ഉപാസ്യമായ വിഷയത്തിൽ തന്നെ മനസ്സിനെ നിറത്തുക ഒരേ ഒരു ആലംബനം മാത്രം മനസ്സിലുണ്ടായിരിക്കുക അതാണ് ഉപാസന അത് എളുപ്പമുള്ള കാര്യമാണോ എളുപ്പമല്ല ഉപാസന യത്നം ആവശ്യമാണ് ഞാനും പോലെ ഞാനും എളുപ്പമാണ് ഉപാസനയ്ക്ക് യത്നം ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും ഉപാസനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനായാസമാണ് ദളിതാസാസനാണെന്ന് ചെല്ലുന്നു നമ്മളെത്ര അനായാസമായിട്ടാണ് ചൊല്ലുന്നത് എന്തുകൊണ്ടത് അനായാസമാണെന്ന് കാരണം മനസ്സവിടെയില്ല മനസ്സെവിടെയെങ്കിലുമൊക്കെ ചുറ്റി കുറങ്ങും ാന്ത്രികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അത് നാക്കിനെ ശീലിപ്പിച്ചു കഴിഞ്ഞു നാക്കാണ് ഉപാസിക്കുന്നത് മനസ്സല്ല എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ മനസ്സവിടെ ഉണ്ടായിരുന്നു എത്ര പേർക്ക് പറയാൻ പറ്റും എന്നാൽ ആർക്ക് പറയാൻ പറ്റും തുടങ്ങിയിടം മുതൽ അവസാനം വരെ അവിടെയായിരുന്നു മനസ്സ് പ്രയാസമാണ് പിന്നെന്താണ് യാന്ത്രികമായി അത് ചെയ്യുന്നത് അതിനും പുണ്യമുണ്ട് പക്ഷെ അത് ഒരു ഉപാസന ആകണമെങ്കിൽ എന്ത് ചെയ്യണം മനസ്സവിടെ നിൽക്കണം അതാണ് സമാന ചിത്തപടുത്തി സന്താനകർ സമാന ചിത്തപുടുത്തി വാക്കെവിടെയാണോ പോകുന്നത് മനസ്സവിടെ തന്നെയായിരിക്കും അവിടെ ശബ്ദത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ മനസ്സ് ശബ്ദത്തിലായിരിക്കും അതാ പറഞ്ഞല്ലോ ഒരു പ്രതീകത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനസ് പ്രതീകത്തിലായിരിക്കും അത് നാമമോ രൂപമോ ആകാം ഒരാള് സഹസ്രമഞ്ജനും ദേവിയുടെ രൂപത്തെ അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചു അപ്പൊ മനസ്സിലത് തുടങ്ങിയാൽ തീരുന്നത് രൂപം തന്നെ ആയിരിക്കും അല്ല ഇനി ഒരാൾ നാമവും രൂപവും മനസ്സിൽ നിർത്തുന്നു ശരി അത് അല്ലെങ്കിൽ അയാൾ കേവലം നാമത്തെ മനസ്സുകൾക്കുന്നു മനസ്സുനാമത്തിൽ തന്നെ ആയിരിക്കണം അടുക്കളയിൽ പോകാൻ പാടില്ല പരദോഷം ചിന്തിക്കാൻ പാടില്ല ഗുണമോ ദോഷമോ ചിന്തിക്കാൻ പാടില്ല മറ്റൊരു ചിന്തയും വരാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതിപ്പോ തീരുവെന്ന് ചോദിച്ചു ചിന്തിച്ച് ചെല്ലാൻ പാടില്ല പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഗുണമുണ്ട് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അർദ്ധസുശക്തിയിലായിരിക്കും ചിലരെ ബോധം കെടുത്തി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഓപ്പറേഷനൊക്കെ വേണ്ടി ബോധം കെടുത്തു കഴിഞ്ഞാൽ കുറച്ചു ഓർമ്മമാണ് അങ്ങനെയുണ്ടൊരു ബോധം കെടുത്താൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അവര് ചോദിച്ചാൽ മറുപടി പറയും പിന്നീട് ചോദിച്ചാൽ ഒന്നും സമയത്തേക്ക് മാത്രം അവരത് ചോ അവരോട് സംസാരിക്കും ഡോക്ടർമാർ അവര് മറുപടി പിന്നീട് ചോദിച്ച ഒന്നും അറിയത്തില്ല ചിലരങ്ങനെയായിരിക്കും അർദ്ധ സുഷപ്തിയിലായിരിക്കും അത് കഴിഞ്ഞിട്ട് പറയും ഇതുവരെ സമാധിയിലായിരുന്നു എനിക്ക് നാമം കേട്ടാ മതി ഉടൻ സമാധിയാവും അങ്ങനെ അവകാശപ്പെടുന്നവരും ഉണ്ട് ഇതിലേതനെങ്കിലും ഒന്നിലായിരുന്നു ഞാൻ അതിന് ഒന്നുകിൽ നാമത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ അല്ലെങ്കിൽ നാമത്തിന്റെ രൂപത്തിൽ എന്നാൽ അത് വാസിനാവും അല്ലെങ്കിൽ അതൊരഭ്യാസം അത്രയും സമയം പരദ്രോഹത്തിനൊന്നും പോകുന്നില്ലല്ലോ നല്ലത് തന്നെയാ ഒന്നുമില്ലെങ്കിൽ അതൊരു ഡിസിപ്ലിൻ ആണല്ലോ അത്രയെങ്കിലും ഉണ്ടല്ലോ പക്ഷെ ഇത് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇതിലൊക്കെ ഒരു വലിയ അഭിമാനമാണ് ഞങ്ങളെന്താ മഹാകാര്യം ചെയ്യുകയാണ് ലൗകികന്മാരാരും ചെയ്യാത്ത കാര്യം അങ്ങനെ ഒരു ദുരഭിമാനം വരും സാധകന്മാരാണ് ദിവ്യന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് എന്നൊക്കെ ദുരഭിമാനം വരും മിക്കവാറും ഇതിന്റെയൊക്കെ ആ ദുരോഭിമാനത്തെ ഉപാസനയാകത്തില്ല പക്ഷെ ആ വാസവത്തിലത് ശ്രേഷ്ഠമായ ഉപാസന ചിലര് പേടിച്ചത് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കിട്ടത്തില്ല അതുകൊണ്ടത് ചെയ്യും ശാസനേ ഭയന്ന് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും അതെല്ലാം ഒരു ഡിസിപ്ലിൻ ശാസനം നല്ലതാണ് ഞങ്ങളെന്തോ മഹാകാര്യം ചെയ്യുന്നെന്ന് പറയണമെങ്കിൽ ഇത് വേണം എന്താണ് സമാന ചിത്തവൃത്തി സന്താനകരണം സമാന ചിത്തവൃത്തി പ്രവാഹം വേണം അത് പ്രത്യം പറയുന്നു തദ്വിലനന്തരിതം അതിൽ നിന്നും ഭിന്നമായ പ്രത്യയങ്ങൾ ഒരു വിചാരങ്ങളും കൊണ്ട് ഇടകലരാൻ പാടില്ല അനന്തരിതമായിരിക്കും അന്തരിതം എന്ന് വെച്ചാൽ ഇടകലരിക്കും ഇടയ്ക്ക് മറ്റൊന്നും മനസ്സിൽ കിടന്നു വരാൻ പാടില്ല ഏതുവരെ ഒരു ഉപാസന ആരംഭിച്ച് അത് തീരുന്നതുവരെ അത്രേ സമയം മതി പത്തോ ഇരുപതോ മിനിട്ട് മതി തദ്വിലക്ഷണപ്പെത്യാനന്തരിതും അതിന് വിരക്ഷണമായ പ്രത്യം ഇടവേണ വരാൻ പാടില്ല അത് വേണം എന്നാൽ അത് ഉപാസനയാവും ഒരു പത്ത് മിനിട്ടോ ഇരുപതോ മിനിറ്റോ പോലും ഈ സമാന ചിത്രവൃത്തി സന്ധാനകരണം മറ്റൊരു പ്രത്യേകങ്ങൾ ഒന്നും മനസ്സിൽ കടന്നു വരാതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് അഭിമാനിക്കുന്നത് ഞാൻ വലിയ സാധകനാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് ലളിതാസഹസരവും മുടങ്ങാതെ വരികയാണ് എന്ന് പറയും എന്തെങ്കിലും കഴമ്പുണ്ടോ വലിയ വിശേഷമൊന്നുമില്ല ഒരു വിശേഷം ഉണ്ട് എന്താണ് ചെക്കിന്റെ ചോട്ടിൽ കാളെ കെട്ടിയിട്ടിരുന്നാൽ അത് റൗണ്ടടിക്കാൻ പഠിക്കും പിന്നെ അതിന്റെ പിറകെ ആള് കിടക്കേണ്ട കാര്യമില്ല അതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ശീലമായി പോവും അതിനെ കെട്ടഴിച്ചു വിട്ടുനോക്കുക നേരെ നടക്കാൻ വീണ്ടും അത് റൗണ്ടിന് നടക്കും നേരെ നടക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു ഇതുപോലൊരു ശീലം വരും അത്രേയുള്ളൂ അങ്ങനെയുണ്ട് വളരെ കാലം ഇപ്പോഴതില്ല എണ്ണയാട്ടുന്ന ചെക്കെന്ന് പറയണ്ടേ അതിന്റെ ചുറ്റിലീ കാളിങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ ശീലിച്ചു കഴിഞ്ഞിട്ട് അതിനഴ്ചങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അത് നേരെ നടക്കത്തില്ല ഇങ്ങനെ വളഞ്ഞ നടക്കും അതിന്റെ വാലിൽ നോക്കി നടക്കും ശീലിച്ചു പോയത് അതുപോലെയാവും എന്തുകൊണ്ട് ഉപാസനയല്ല സമാന ചിത്തവൃത്തി സന്താനകരണം പ്രത്യാനന്തരിതം എന്നാണ് പറയുന്നത് മറ്റു ഒരു പത്ത് മിനിറ്റ് അവന് ശ്രമിച്ചു നോക്കുക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് എന്നാ പറയാ സാധകനാണ് അതിന്റെ ഇടയ്ക്ക് ഒരു വിചാരവും കടന്നു വരരുത് നാമത്തിൽ അല്ലെങ്കിൽ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഭാവനയിൽ അർത്ഥഭാവനയിലും അവർ അർത്ഥബോധത്തോടുകൂടി ചൊല്ലിയാലും വാസനയാണ് ഇവിടെ അതാ പറയുന്നത് അങ്ങനെയാകാം നാമത്തിലോ രൂപത്തിലോ അർത്ഥഭാവനയിലോ എവിടെയെങ്കിലും മനസ്സ് നീക്കിയോ ആ അനുഷ്ഠാനം തുടങ്ങി അവസാനിക്കുന്നത് അത് ഉപാസനയാണ് അതാണ് ഞാൻ ഉപാസനയും നമ്മുടെ വ്യത്യാസം ഭാഷകാരം വ്യക്തമായി പറയുന്നത് ഈ ഉപാസന തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉറക്കം വരാൻ പാടില്ല അത് ഭാഷകാരം പറഞ്ഞില്ല എന്തെന്താ പ്രയോജനം പറയുന്നു താന്താനി ഉപാസന സത്വശുദ്ധികരത്വന വസ്തുതഔഭാസകാരംബനവിഷയത്വസുസാധ്യാചേദി പൂർവം ഉപന്യസ്യന്തി തന്നേദാനി ഉപാസന ഈ ഉപാസനകൾ നിരവധി ഉപാസനകൾ സത്വശുദ്ധികരത്വേനാ ചിത്തശുദ്ധി ഉണ്ടാകുന്നു അതാണ് എന്റെ പ്രയോജനം അത് മാത്രമല്ല ദേവത ഉപാസനയാണെങ്കിൽ ദേവതാ പ്രസാദത്തെ ഉണ്ടാക്കുന്നു ദേവത അനുഗ്രഹത്തെ ഉണ്ടാകുന്നു െന്ന് പറയുന്നത് പുണ്യവൃദ്ധിയിലൂടെ ഏകാഗ്രതയുണ്ടാക്കുന്നു പാപത്തെ നശിപ്പിക്കുന്നു നിരവധി ഫലങ്ങളാണ് ശരിയായി ചെയ്തു കഴിഞ്ഞു സത്വശുദ്ധികരമാണ് സത്വശുദ്ധി ഉണ്ടാക്കുന്നു ക്രമേണ എന്ത് ചെയ്യുന്നു വസ്തുതത്വ അവഭാസകത്വ വസ്തുതത്വത്തെ അത് പ്രകാശിപ്പിക്കുന്നു ക്രമേണ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ എന്നർത്ഥം കേവലം നമുക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്തുകൊണ്ടായി അത് സംഭവിക്കും വിവേകമുണ്ടാവും എന്നർത്ഥം വസ്തുതത്വഅവഭാസനമാണ് ഉപാസനം മുഖ്യമായ കാര്യമാണ് നമുക്ക് തത്വത്തിൽ ശ്രദ്ധേ വരുന്നില്ല ഉപാസന ചെയ്തിട്ട് വാസ്തവത്തിൽ ഉപാസനയിൽ അർത്ഥബോധം കൂടി വരികയാണെങ്കിൽ അവിടെ തന്നെ വസ്തുതത്വം പ്രകാശിക്കും പരമായ തത്വത്തിൽ തന്നെ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട് പക്ഷെ ഇത് സംഭവിക്കുന്നില്ല മൂഢത വർദ്ധിക്കുന്നേയുള്ളൂ അജ്ഞത വർദ്ധിക്കുന്നേയുള്ളൂ വസ്തുതത്വ ഔപാസകമാണ് ഉപാസന പറയുന്നത് അദ്വൈതജ്ഞാനം ഉപകാരകാണി അദ്വൈതജ്ഞാനത്തിന് അത് ഉപകാരകമാണ് സംശയമായി പറയുകയാണ് എല്ലാ ഉപാസനകളും അത് വൈദികമായാലും ശരി പൗരാണികമായാലും ശരി ശ്രവണ മനണങ്ങളായാലും ശരി ഇതിന് പകരോ അതല്ലെങ്കിൽ അതിന് പകരം ഇതൊന്നും അഭികാമ്യമായി തോന്നുന്നത് ഏതിനാണ്ടാണോ അഭിരുചിയുള്ള അത് അതീ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തത്വശ്രൂണമായാലും ശരി ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യ നേരത്തെ അവിടെ നേരത്തെ ഉറക്കം കഴിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കി ഉറങ്ങുന്നുണ്ട് എന്താ കാര്യം അതുകൊണ്ട് കാര്യമില്ല എല്ലാം ചെയ്യുന്നു രാവിലെ ലളിതമാകാൻ ചൊല്ലി അതെല്ലാം നേരത്തെ മുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതും മുടിച്ചു ജോലി സാധന എല്ലാം പൂർത്തിയാക്കി എന്താ കാര്യം രണ്ടടുത്തും ഉറക്ക എന്നിട്ട് പറയാം അതിന് സമയം കിട്ടുന്നില്ല ഇതിന് സമയം കിട്ടുന്നില്ല ചെറുക്ക എന്ത് അധ്വാനമാ പരാതിയും പറ പറയുന്നു മറിച്ചാണെങ്കിലും അദ്വൈതജ്ഞാൻ ഉപകാരകാണ് ഈ അദ്വൈതജ്ഞാനത്തിന് ഉപകാരകമാണ് ഒരു സംശയമുണ്ട് ഇതെല്ലാം പരസ്പര ബന്ധമായിരിക്കുന്നു ഒന്നും മറ്റതിന് വിരുദ്ധമല്ല പറയുന്നു ആലംബന വിഷയത്വ സുസാധ്യ സുസാധ്യ ഇത് ആലംബന വിഷയമുണ്ട് ഇതിനൊരു ആശ്രയമുണ്ട് സുസാധ്യം അനുഷ്ഠിക്കാൻ എളുപ്പമാണ് അദ്വൈതജ്ഞാനം ഇതില്ലാതെ അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് നീന്തൽ അറിയാതെ വെള്ളത്തിൽ ചാടിയെ പോലെയാ വെള്ളം കുടിക്കും കൈയും കാലും ഇട്ടടിക്കും നീന്തലോട്ട് പഠിക്കും ഇല്ല ആയുസം പോവും നീന്തലറിയാതെ വെള്ളത്തിൽ ചാടിയോന്റെ സ്ഥിതി എന്താണ് അതുപോലെയാണ് ഈ ഉപാസനാതെ അകൃത ഉപാസ്യ അദ്വൈതജ്ഞാനത്തിന് ശ്രമിക്കുന്നു ഇവിടെ പറയുന്ന സുസാധ്യത എത്രയോ അനായാസമാണ് എന്തുകൊണ്ട് ആലംബന ഇവിടെ ഒരു ആലംബനമുണ്ട് മനസ്സിന് കൊടുക്കാൻ വിഷയമുണ്ട് നാമമുണ്ട് രൂപമുണ്ട് അർത്ഥമുണ്ട് ഇതെല്ലാം ഉണ്ട് പൂർവം ഉപന്യസ്യന്തി അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു വേദം വ്യർത്ഥമായിട്ടൊന്നും പറയത്തില്ല അദ്വൈതജ്ഞാനത്തിന് തൊട്ട് മുമ്പ് ഉപാസനകളെ നിർദ്ദേശിച്ചു അത് പ്രയോജനമുള്ളതാണ് ആവശ്യമുള്ളതാണ് ഉപേക്ഷ വിചാരിക്കരുത് വേണമെങ്കിൽ ഇതൊക്കെ വിശദീകരിക്കാതെ വേഗാന്വൈതത്തിൽ ചാടിക്കും എല്ലാവരെയും പക്ഷെ അവിടെ ഇതായിരിക്കും സ്ഥിതി വെള്ളത്തിൽ ചാടിയതുപോലെ ഇടിക്കും കയ്യും കാലം ഇട്ടടിക്കും തർമാഭ്യാസ ദൃഢീകൃത പരിത്യാഗേന ഉപാസനുഖംസമർപ്പണം കത്തുമതി കർമാവിഷയമേ തവദാ ഉപാസനം ഉപനസ്യത്തിന തന്നെ എന്താണ് നേരിട്ടങ്ങോട്ട് ഉപാസനേനും പ്രവേശിക്കാൻ പറ്റില്ല അതാണ് നമ്മുടെ വേരൽ കൊഴുപ്പ് അതും ഇവിടെ പറയുന്നു ജ്ഞാനം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെന്നാ ഉപാസനയിൽ പോകാം ഉപാസനയിൽ പോയാൽ അതോ അവിടെ ശരിയാവുന്നു അവിടെയും ഒന്നി ഉറങ്ങുന്നു അല്ലെങ്കിൽ മനസ്സ് ഇറങ്ങി നടക്കുന്നു അതെന്തുകൊണ്ടാ പറയുന്നു കർമ്മഭ്യാസ ദൃഢീകൃതത്വ എത്രയോ ജന്മങ്ങളായി ഈ കർമ്മവാസന ദൃഢമായിരിക്കുകയാണ് കർമ്മനെ ബന്ധിച്ചിരിക്കുകയാണ് അന്ധക്കരണത്തില് കർമ്മ സംസ്കാരമാണ് കർമ്മ പരിത്യാഗീന കർമ്മത്ത് ഉപേക്ഷിച്ചിട്ട് ഉപാസന എന്ന് പറഞ്ഞാൽ ദുഃഖം ചേതസമർപ്പണം കറുത്തും ദുഃഖം ഇല്ല മനസ്സോടെ ഉറക്കത്തില്ല ചേതസമർപ്പണം കറുത്തും ദുഃഖം കർമ്മം വിട്ടുപാസന ചിലത് പറയൂലോ എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല ധ്യാനവും മനനവും ഇതുമാത്രമേ ഉള്ളൂ അവിടെയും ഇത് തന്നെ ഫലമൊന്നിയിൽ ഉറക്കത്തെ അങ്ങനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല ഇതിന്റെ പറഞ്ഞല്ലോ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും പൂർണ്ണമായും കർമ്മത്തെ വിട്ടിട്ട് നാളെ മൂല ഉപാസന എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഉപാസനയെല്ലാം വിട്ടിട്ട് നാളെ മൂല് തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല വേദം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് കർമാങ്ക വിഷയമേവ താത് ഉപാസനം ഉപന്യസിയാക്ക കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസന അതാദ്യം പറയുന്നു ഈ കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസന വേദത്തിൽ പറയുന്നതാണ് പിൽക്കാലത്ത് കർമ്മയോഗമായിട്ട് മാറിയത് അവിടെ കർമ്മ ഉപാസന ഭാഷകാരൻ പറയും കർമ്മവും ജ്ഞാനവും തമ്മിൽ സമുച്ചയിക്കാൻ സാധ്യമല്ല പക്ഷെ കർമ്മവും ഉപാസനയും സമുച്ചയിക്കുക അതാണ് കർമ്മയോഗം നമ്മൾ ഇന്ന് പറയുന്ന കർമ്മയോഗം അപ്പൊ അത് വേണം ആദ്യം കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസന ർമ്മയോഗത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്ക് കർമ്മത്തെ വിട്ടിട്ട് കേവല ഉപാസന ഇനി അതും കടന്നവന് കർമ്മവും ഉപാസനയെല്ലാം വിട്ടിട്ട് ശുദ്ധജ്ഞാനമാകാം നേരിട്ടൊരാൾക്ക് ജ്ഞാനത്തിൽ പോയാൽ അവിടെ ബലി പിടിക്കത്തില്ല ഉപാസനയിൽ പോയാൽ ഉറങ്ങാം അതുകൊണ്ട് കർമ്മത്തിൽ തന്നെ തുടങ്ങാം പിന്നെ അത് യോഗ്യതയനുസരിച്ച് അധികാര ഭേദമനുസരിച്ച് മനസ്സിന്റെ ഏകാഗ്രതയും ശാന്തിയും ഒക്കെ അനുസരിച്ച് ആദ്യം കർമ്മവും കേവല കർമ്മം പിന്നെ കർമ്മ ഉപാസനയും പിന്നെ കേവല ഉപാസനം ഇതാണ് വേദം തന്നെ നിർദ്ദേശിക്കുന്ന വഴി കർമ്മത്തെ ഉപേക്ഷിക്കണോ ഉപാസന ഉപേക്ഷിക്കണോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കടന്നവനാണ് ഇതിലൊന്നും തൊടാത്തവനെ സംബന്ധിച്ചല്ല പറയുന്നു ഇതെല്ലാം മുമ്പ് പലതവണ വ്യക്തമാക്കിയതാണെങ്കിലും വീണ്ടും പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഉപാസനയുടെ ഉപോദ്ഘാതമായിട്ട് ഭാഷ പാരമ്പര്യം Sambi, sambi, all things in the pure realm. Yeah.